ും ത്രിവൃത്കരണവും അവശ്യം കാണുകയില്ല വഞ്ചീകരണത്തിൽ നിന്ന് ത്രിവൃത്കരണത്തിന്റെ ഭേദം അറിയുന്നതിന് മുമ്പ് ത്രിവൃത്കരണത്തെ നന്നായി അറിയണം എന്ന് നമ്മൾ പഠിച്ചു അതിനു മുമ്പ് തന്മാത്രാദികളുടെ സൃഷ്ടിയും ഭൂതങ്ങളുടെ സൃഷ്ടിയും അറിയേണ്ടത് അനിവാര്യമാണ് പദാർത്ഥ ദ്രവ്യ വിജ്ഞാനം ഇത് രണ്ടും രോഗ നിദാന പഠനത്തിലും ചികിത്സാ പഠനത്തിലും അത്യന്താപേക്ഷിതമാണ് ആധുനിക വൈദ്യസങ്കേതത്തിൽ നിന്ന് നല്ലൊരളവ് വരെ ആയുർവേദത്തിൻ്റെ ഭേദവും അതുതന്നെയാണ് നമ്മുടെ അർബുദം തുടങ്ങിയ രോഗങ്ങളെ പഠിക്കുമ്പോൾ ആയുർവേദവും ആധുനിക വൈദ്യശാസ്ത്രവും തമ്മിലുള്ള ഭേദമറിയുന്നതിന് പ്രപഞ്ച ഉൽപ്പത്തി അതേപോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടത് പദാർത്ഥ വിജ്ഞാനം ദ്രവ്യ വിജ്ഞാനം ഇതയാണ് പഠിക്കുമ്പോൾ ത്രിവൃത്കരണം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് സൈദ്ധാന്തിക രീതികളാണ് സാന്ധ്യവും വേദാന്തവും തമ്മിൽ വ്യത്യാസപ്പെട്ട് കാണുന്നു ആയുർവേദം സ്വീകരിക്കുന്നത് വേദാന്തസമ്മതമായിരിക്കുന്ന ത്രിവൃത്കരണത്തെ തന്നെയാണ് അതുകൊണ്ട് ത്രിവൃത്കരണം നന്നായി അറിയണം താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂതാദികളുടെ സൃഷ്ടി ഉണ്ടാകുന്നു എന്നത് യോഗാഭിമതമാണ് തുടർന്ന് ഭൂതാദികളിൽ പഞ്ചതന്മാത്രകൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായി മാറുന്നത് അതായത് ഭൂതാദികളിൽ നിന്ന് തൈജസാഹങ്കാരത്തിൻ്റെ സഹായത്താൽ സവിശേഷ രൂപമായ പഞ്ച തന്മാത്രകൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇവയുണ്ടാകുന്നു അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളായ ആകാശം വായു അനരൻ ജലം പൃഥ്വി എന്നിവയുണ്ടാകുന്നു ഈ ക്രമത്തിൽ ത്രിവൃത്കരണത്തിൻ്റെ ചെറിയ ഭേദം ഒന്നാമതറിയണം എന്തിനാണ് രോഗം നിധാനം പഠിക്കാൻ ചികിത്സ പഠിക്കാൻ ഇതറിയേണ്ടത് എന്ന് ചോദിച്ചാൽ ഏതുകൊണ്ടാണോ കോശമുണ്ടാകുന്നത് അവിടെ കോശാന്തരത്തിൽ വരുന്ന പരിണാമം മാത്രമാണ് അർബുദം അത് ആഹാരം കൊണ്ടുവരുന്നു അതു മറ്റു കാരണങ്ങളാൽ വരുന്നു എന്ന് പഠിച്ച് പഠിച്ച് ഒരു ലക്ഷത്തിലധികം പഠനങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് ഒന്നൊന്നിനെതിരായി അവയ്ക്കെല്ലാം കോഴികൾ ചെലവഴിച്ചിട്ടുണ്ട് ഈ പഠനങ്ങൾക്കെല്ലാം എല്ലാം ശാസ്ത്രസമ്മതമായ പഠനവുമാണ് എല്ലാ പഠനവും രോഗത്തെ ശമിപ്പിക്കുന്നതിനേക്കാൾ രോഗത്തെ ഉണ്ടാക്കാൻ പോകുന്നതുമാണ് ുന്നത് കാരണമാകും എന്നൊരു പഠനമിറങ്ങിയാൽ മാധ്യമങ്ങളത് ജനങ്ങളെ അറിയിക്കും അറിയിക്കുമ്പോൾ അത് വായിക്കുന്നവൻ വായിക്കുമ്പോൾ അക്ഷരങ്ങൾ കാണുന്ന ഇന്ദ്രിയവും അത് വായിച്ചറിയുന്ന മനസ്സും അത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന ചെവിയും ശബ്ദസ്പർശ രൂപ രസഗന്ധ തന്മാത്രകളിലൂടെ അറിവിനെ സ്വീകരിക്കുമ്പോൾ വർണ്ണങ്ങൾ പദങ്ങളായും പദങ്ങൾ വാക്യങ്ങളായും രൂപാന്തരം പ്രാപിക്കുമ്പോൾ ആ വാക്യവുമായി മനസ്സിണചേർന്നുണ്ടാകുന്ന അർബുദത്തിൻ്റെതായ ഒരു രോഗം മാനസിക സത്യയിൽ സങ്കല്പത്തിൽ ഉണ്ടാവുകയും ആ ലോകത്തിലേക്ക് വഴുതി കോശം തയ്യാറെടുക്കുകയും ചെയ്യുന്നു ആ അറിവ് രോഗത്തിന് കാരണമാണ് മനസ്സിലാവുമോ എന്നെനിക്കറിയും നിങ്ങൾ എൻ്റെ കൂടെ ഓടുമോ എന്ന് എനിക്ക് നല്ല നിശ്ചയം പോരാ കാരണം നൂറ്റാണ്ടുകളായി മുറുക്കിയും തുപ്പിയും ജീവിച്ച ആളുകൾക്കൊന്നും വരാത്തത് എപ്പോൾ ഈ അറിവ് ഗവേഷണം ചെയ്ത് കണ്ടു എപ്പോൾ ഈ അറിവ് ജനങ്ങളിൽ എത്തിച്ചു എപ്പോൾ മുറുക്കാതിരിക്കാൻ പറ്റാതെ വരികയും മുക്കുന്നത് അപകടകരമാണെന്ന് മസ്തിഷ്കം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മുറുക്കുന്നത് അപകടമാണെന്നറിഞ്ഞ മസ്തിഷ്കവും മുറുക്കാതെ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സ്വഭാവ സവിശേഷതയും പരസ്പര വിരുദ്ധമാകുമ്പോൾ വൈരുദ്ധ്യത്തിൽ സംജാതമാകുന്ന കോശങ്ങൾ അർബുദത്ത് സ്വീകരിക്കുന്നു ഇങ്ങനെ ലക്ഷോപലക്ഷം പദാർത്ഥങ്ങൾ ക്യാൻസറോജന ഏറ്റവും ഒടുവിൽ സ്ത്രീകളിൽ വരുന്ന ക്യാൻസറിൽ നല്ലൊരു ഭാഗത്തിന് പുരുഷ ബീജം കാരണമാണെന്ന് വരെ ക്യാൻസർജിക്ക് ആണെന്ന് വരെ ഗവേഷണമാണ് ഭയം ഉത്കണ്ഠ ഇവയെല്ലാം ഹോർമോണുകളെയും എൻസൈമുകളെയും മാറ്റിമറിക്കുന്നു ആധുനിക മനുഷ്യൻ വിദ്യാഭ്യാസം കൊണ്ടരിഞ്ഞ് ഭയാശങ്കകളോടെയാണ് ജീവിക്കുന്നത് ഓലകെട്ടിയ വീട്ടിലെ പെരക്കകത്ത് കിടന്ന് ഉറങ്ങുന്ന പത്തു പന്ത്രണ്ട് പേര് ഉറങ്ങുമ്പോ അതിലൊരു കുട്ടി വീണ് പൊട്ടി പഴുത്തിരിക്കുന്ന ചലമൊലിക്കുന്ന കാലില് ഉറക്കത്തിൽ വന്ന് കൂറമാക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ വ്രണം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് എലി തലയെക്കൂടെ ഓടി പോകുന്നു രാത്രിയിൽ അവന്റെ ദേഹത്തേക്ക് മൂത്ര ഒഴിക്കുന്നു രാവിലെ എഴുന്നേറ്റ് വെള്ളം കോരാൻ ചെല്ലുമ്പോൾ കെട്ടാത്ത കിണറ്റിൽ എലിവീണി ചത്ത് ചീഞ്ഞു മാറുന്നു എടുത്ത് മോളെടുത്തപ്പോ പുഴു അരിച്ചോണ്ടിരിക്കുകയാണ് എടുത്ത് ദൂരക്കളഞ്ഞ് മഴക്കാലം പറ്റിച്ച പറ്റുകയല്ലാത്ത കിണർ ഓടിപ്പോയൊരു ക്ഷേത്രത്തിൽ നിന്നൽപ്പം ഉണ്യാഹമോ പള്ളിയിൽ പോയൽപ്പം വെള്ളമോ അതുമല്ലെങ്കിൽ മോസ്കി പോയി തങ്ങളി വെള്ളമോ കൊണ്ടൊന്നു ഒഴിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കുടിച്ചോന്ന് പറഞ്ഞ് കുടിച്ചപ്പോ ഒരു എലിപ്പനിയും ഒരു കുഴപ്പവും അന്ന് വരാത്തത് ഇന്ന് എലി ഇല്ലെങ്കിൽ പോലും മുളിയോ എന്ന് സംശയിച്ചു കുടിക്കേണ്ടി വിദ്യാഭ്യാസവും ചുറ്റുപാടുകളെ ഈ അറിവും പദാർത്ഥ വിജ്ഞാനത്തിൽ പെടുകയാൽ കോശ കോശാന്തരങ്ങൾക്ക് വരുന്ന പരിണാമം പരിഗണനാർത്ഥമാകുന്നു ോ പറഞ്ഞതിന് സാധ്യതയുണ്ടോ ഏ വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ ഏ തീർച്ചയാണോ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുത്തുന്നവർ മാത്രമാണ് വിദ്യാഭ്യാസമുള്ളത് വിദ്യാഭ്യാസം ലഭിച്ചവരാണെന്ന് സിദ്ധന്മാർ വിദ്യാഭ്യാസം ലഭിച്ചവരാണെന്ന് സന്യാസിമാർ വിദ്യാഭ്യാസം ലഭിച്ചവർ തന്നെയാണ് അവരുടെ ഇടയിൽ നിന്നാണ് തങ്ങളുമാർ മുല്ലമാർ മുക്രിമാർ പള്ളിരാച്ചന്മാർ വിദ്യാഭ്യാസത്തിന്റെ സഹജ സ്വഭാവങ്ങളിലൂടെ വന്നവരാണ് ഇന്ന് വൈദ്യവിശാരകന്മാർ ഡോക്ടർമാർ എല്ലാം ഏറെ അളവിൽ നോക്കിയാലും നിങ്ങൾ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ലോകങ്ങളിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ സഞ്ചാര പദമെങ്കിൽ വളരെ ആലോചിച്ചു നോക്കുക വളരെ ആലോചിച്ചു നോക്കുക പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് അവിടെയാണ് വാക്ക് പ്രധാനമാകുന്നത് വാക്ക് വളരെ പ്രധാനമാകുന്നതും പദാർത്ഥ വിജ്ഞാനം അനിവാര്യമാകുന്നതും അതിനാണ് നമ്മൾ ക്ലാസ്സിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ദ്രവ്യത്തെ കുറിക്കുന്ന ദ്രവ്യ വിജ്ഞാനവും ണവും ഒരുമിച്ച് പറയേണ്ടി വന്നത് അതിൽ ശബ്ദവും സ്പർശവും രൂപവും മൂന്നെണ്ണമാണ് അനിവാര്യ പഠനത്തിൽപ്പെടുന്നത് ഏകഗുണ പൂർവോ ഗുണവൃദ്ധി പരേ പരേ പൂർവ പൂർവഗുണശ്ശൈവ ക്രമശു ഗുണിഷു സ്മൃത ഇതാണ് ശ്ലോകം ശബ്ദഗുണകമായ ആകാശം ശബ്ദവും സ്പർശവും ഗുണമായ വായു ശബ്ദസ്പർശ രൂപ ഗുണകമായ അഗ്നി ശബ്ദസ്പർശ രൂപ രസഗുണമായ ജലം ശബ്ദസ്പർശ രൂപ രസഗന്ധഗുണകമായ പൃഥ്വി ഇതാണ് ത്രിവുത്കരണം ഒന്നിനൊന്നു കൂടിക്കൂടിയത് ഇതിന്റെ ഏറ്റവും നല്ല വ്യാഖ്യാനം വഖരമുനിയുടെയാണ് അത് പാഠക്കിലെ പഠനത്തിലുണ്ട് അത് ഉദ്ധരിച്ച അത്രായ ക്രമ ഭൂതാദേഹതന്മാത്രം ജായതെ ശബ്ദ തന്മാത്രം ഭൂതാതിരാബൃണോതി തഥ ആകാശ ജായതെ അതാണ് നേരത്തെ പറഞ്ഞ ഒരു ഗുണമായ ആകാശം ഉണ്ടാകുന്ന രീതി ആകാശം ഉണ്ടായിക്കഴിഞ്ഞാൽ തവൃണോതിമാത്ര ശബ്ദതന്മാത്രേ ആവരണം ചെയ്ത്മാത്രാവൃതാഹായ അങ്ങനെയാണ് വായുവായിട്ട് പരിണമിക്കുന്നത് ആവൃതാഹായ ന്മാത്ര തേജോ ജായതേ അയം ക്രമത്രയ വിവരണത്തില് തത്വത്രയങ്ങളുടെ വിവരണത്തില് വഖരമുനി അദ്ദേഹത്തിന്റെ തത്വത്രയ ഭാഷ്യത്തില് പുസ്തകം തത്വത്രയ ഭാഷ്യം എഴുതിയാണ് വഖര അചിത പ്രകരണത്തിൽ പറയുന്നതാണ് ഇത്രയും പഴയ കാലത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗ്രന്ഥവും ബന്ധപ്പെട്ടു പോകുന്നത് അപ്പൊ നമ്മള് ഒരു ഗന്ധം അറിയുമ്പോ ആ ഗന്ധത്തിലൂടെ എവിടം വരെ പോകും ചിതാകാശം വരെ എങ്ങനെ പോകും സൂക്ഷ്മ സൂക്ഷ്മ ആവരണം പൊളിച്ച് പൊളിച്ച് അതുവച്ചാണ് ദ്രവ്യവിജ്ഞാനത്തിൻ്റെ കലനാവൈകല്യങ്ങളെ പഠിക്കുമ്പോൾ ഒരാൾ അനസ്തേഷിയിൽ ബോധമറ്റുപോയാൽ ഉണരുന്നില്ലെങ്കിൽ എങ്ങനെ കായവും മെലിപ്പുഴുവും ചേർത്ത് നസ്യം ചെയ്താൽ ഉണരും എങ്ങനെ കണ്ണിനകത്ത് കുരുമുളകും കുഴിയാനയും കരുനൊച്ചി ഇലനീരിലും തുളസി നിലനീരിൽ വരച്ച് അഞ്ചനം ചെയ്താൽ ഉണരും പദാർത്ഥ ദ്രവ്യ വിജ്ഞാനങ്ങളുടെ ലോകം ഔഷധം കൊടുക്കുമ്പോൾ അതിൻ്റെ ദ്രവ്യങ്ങളുടെ പ്രത്യേകത അറിയണം അതിൻ്റെ ഗുണം വീര്യം വിഭാഗം പ്രഭാവം ഒക്കെ അറിയണം അതെങ്ങനെ കോശത്തിൽ പരിണാമം ഇൻ വൈവോയിൽ ഇൻ വിറ്റ് അർബുദ പഠനത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ ശാസ്ത്രം പറയുന്നത് വെച്ച് പഠിച്ചു നോക്കിയാൽ അർബുദത്തിന്റെ പ്രേഷ്ട കാരണങ്ങൾ ഒന്ന് ആധുനികമായ തൊഴിൽ സങ്കേതങ്ങളാണ് രണ്ട് ആധുനിക വിദ്യാഭ്യാസമാണ് മൂന്ന് അയത്ന ലളിതമായ ധനമാണ് ഇതിനെ അവലംബിച്ച് പർബുദത്തെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത് സ്വപ്ന സുശുപ്തികൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു ശരീരം ആത്മാവ് മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇവയുടെ സംയോഗത്തെ ധരിക്കുന്നതാണ് ജീവൻ ആ മനസ്സും ശരീരവും തമ്മിലുള്ള സംബന്ധം ഇന്നും വലിയൊരു സമസ്യ തന്നെയാണ് കൈ ചലിക്കുന്നതിന് മനസ്സിന്റെ പങ്ക് ഇച്ഛ ചലിക്കുക എന്ന ചേഷ്ടത്തുവാൻ മനസ്സാഗ്രഹിച്ചാൽ കൈ ഉയർത്തണം കൈ താത്താൻ ആഗ്രഹിക്കുമ്പോ താഴ്ത്തണം ഇതിന്റെ നിയമങ്ങൾ ഇതെല്ലാം കോശപരിണാമത്തിൽ പ്രാധാന്യമുള്ളതാണ് ഇതെല്ലാം ചേർത്ത് വെച്ചുള്ള ഒരു പഠനം സുവ്യക്തമായ ആയുർവേദത്തിനുണ്ട് അവിടെ നിന്നുകൊണ്ട് ദ്രവ്യങ്ങളെ ഒന്ന് ഔഷധങ്ങളെ രണ്ട് രോഗിയിലെ കോശങ്ങളെ അതും ദ്രവ്യമാണ് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു അർബുദ പഠനത്തിൽ കോശകേന്ദ്രത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് കോശദ്രവത്തിനാണ് പറഞ്ഞാണെന്നാണ് എന്റെ ഓർമ്മ വീണ്ടും ഒരു വരികയും ചെയ്യും ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് പഠനവിധേയമാക്കുന്നത് കോശകേന്ദ്രത്തെയാണ് ന്യൂക്ലിയസ് സെൻട്രൽ ന്യൂക്ലിയസ് അതിൽ കൂടുതൽ മാപ്പിംഗ് നമുക്ക് ലഭിക്കുന്നത് അതിനൊരു ചെറിയ തോതിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറുമായി ഉപയോഗിച്ചാൽ നിങ്ങൾ ഉപയോഗിച്ച ചരിത്രം മായാതെ കിടക്കുന്നത് മായാതെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഉപയോഗിച്ച ചരിത്രം ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് എടുത്ത് കളയാം റീസൈക്കിൾ പിന്നിലേത് എല്ലാം അവിടുന്ന് എടുത്ത് ദൂരെ സോഫ്റ്റ്വെയറിൽ നിന്നും നിങ്ങൾക്കെടുത്ത് കളയാം പക്ഷെ വളരെ വിദഗ്ധനായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രം പോകാതെ അതിന്റെ ഹാർഡ് വെയറിൽ കിടപ്പുണ്ടാവും അതുപോലെ ജന്മജന്മാന്തരവാസനകളുടെ ഹിസ്റ്ററി ൊണ്ടും മായാതെ കിടക്കുന്ന സങ്കേതങ്ങളോട് കൂടിയതാണ് കോശദ്രവം അതുകൊണ്ട് കോശ കോശസങ്കലനത്തിലും കോശാന്തര വ്യാപാരങ്ങളുടെ പഠനത്തിലും കോശദ്രവത്തിന് പ്രാധാന്യം കൂടേണ്ടതാണ് ഈ വഴിയിലാണ് നമ്മൾ അർബുദത്തെ സമീപിക്കുന്നത് ഈ പഠനത്തിൽ മാത്രമല്ല അർബുദ കോശങ്ങൾ സാധാരണ കോശങ്ങളിൽ നിന്നുണ്ടായവയാണെന്നും സാധാരണ കോശവും അർബുദ കോശവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഒരേ ഉപ പ്രക്രിയയുടെ ഫലമാണെന്നും നമ്മൾ കണക്കിലെടുക്കുന്നു അത് വളരെ നിർണായകമാണ് പഠിക്കുമ്പോൾ ക്യാൻസർ ജീനോ ക്യാൻസർ സെൽ ഇങ്ങനെയൊക്കെ വേർതിരിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ സാധാരണ കോശങ്ങളും നിങ്ങളിൽ ഒരു അത്ഭുത കോശമുണ്ടെങ്കിൽ അവയും രൂപാന്തരപ്പെടുന്നത് നിങ്ങൾ കഴിച്ച് ആഹാരം പജിച്ചു തന്നെയാണ് ഭജിക്കാൻ നിങ്ങളിൽ ഉപയോഗിച്ച ഉമിനീരും വയലും അഗ്നി ആശ്രയ രസങ്ങളും ചെറുകുടൽ ദ്രാവകങ്ങളും ഒന്നു അത് ഭജിച്ച് രൂപാന്തരപ്പെട്ട് സൂക്ഷ്മ വിധേയമാകുമ്പോഴും പ്രക്രിയ ഒന്നു തന്നെയാണ് പന്താവിൽ വെച്ചാണ് ഉപാപചയത്തിൻ്റെ ഏത് പ്രക്രിയയിൽ വെച്ചാണ് ചീയത അനേന ഇതി കായന ഇതി ശരീര രണ്ടും ചേരുന്ന ദേഹം ഏറ്റവും വിചിത്രമായ സത്യം അത്യന്തം സങ്കീർണങ്ങളായ ആയിരമായിരം പരീക്ഷണങ്ങൾ നടത്തിയ അർബുദ വേർതിരിച്ചറിയുന്നതിന് വേണ്ടി ചെയ്ത ശ്രമങ്ങൾക്കും മധ്യത്തിൽ ഇവയെ വേർതിരിക്കുന്നത് ഏത് വിചിത്ര സത്യമാണ് ഇതിൽ ചെറിയ ഉദ്ധരണിയുമാകാം കോശം തന്നെ എന്തെന്ന് വ്യക്തമായി അറിയാത്ത ഞാൻ എങ്ങനെയാണ് അർബുദ കോശങ്ങളെയും സാധാരണ കോശങ്ങളെയും വേർ തിരിച്ചറിയുന്നത് എന്ന് നോബൽ സമ്മാന ജേതാവായ സെന്റ് ജിയോർജി വിനയാന്വിതനായി പറഞ്ഞിട്ടുണ്ട് അർബുദ പഠനത്തിൽ വളരെ നിർണായക പഠനങ്ങൾ ഒരാളാണ് സെന്റ് ജിയോർജി അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അർബുദ കോശങ്ങൾ അതുകൊണ്ട് സാധാരണ കോശങ്ങളാണ് അർബുദം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ കോശങ്ങൾക്ക് അനിവാര്യമായ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് അതിൽ നിന്നൊരു രോഗം വന്നിട്ടല്ല പലപ്പോഴും അർബുദ രോഗത്തെ കണ്ടെത്തുന്നത് തലയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി തലവേദനയുണ്ട് ആ തലവേദനയ്ക്ക് പോയി നോക്കിയപ്പോൾ തലയിലെ ഒരു പ്രശ്നമായി കണ്ടെത്തി എങ്കിൽ കൊള്ളാം തലയിൽ നിന്ന് പുറപ്പെടുന്ന ഏതെങ്കിലും നേർവുകൾക്ക് ബലക്ഷയം വന്നപ്പോൾ തലയിലുള്ളൊരു മുഴ കണ്ടെത്തിയെങ്കിൽ മനസ്സിലാക്കാം പലപ്പോഴും ക്ലിനിക്കലായി വസ്തുതകൾ കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പരി പരാജയപ്പെടുമ്പോൾ അറിവില്ലാത്ത എല്ലാത്തിനെയും അപകടകരങ്ങളായ രോഗങ്ങളുടെ പേരിൽ സ്വയം സങ്കൽപ്പിച്ചു കിശഗ്വരന്മാരുടെ സംശയങ്ങൾ മുമ്പ് പറഞ്ഞ പദാർത്ഥ വിജ്ഞാന വിഷഗ്വരന്മാരുടെ ഉത്കണ്ഠകളിൽ നിന്ന് അവരെക്കാൾ അറിവുള്ളവരാണെന്ന് നടിച്ച് സങ്കൽപ്പിച്ചും രൂപാന്തരപ്പെട്ടു വളർന്നു വികസിച്ച് വരുന്നവയാണ് ആധുനിക അർബുദ രോഗങ്ങളിൽ അധികവും ഞാൻ പറയുന്നതിനോട് വിയോജനക്കുറിപ്പുണ്ടാവേണ്ടതാണ് ശരിയാണ് ഞാൻ പറഞ്ഞതുമായി നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവർ വിയോജിക്കേണ്ടതാണ് നിങ്ങളിരിക്കുന്നവരുടെ ഇടയിൽ അർബുദ രോഗികളുണ്ടെങ്കിൽ അവരും അവരുടെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരും നിങ്ങൾ അങ്ങനെയുള്ളവരല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരായ അർബുദ രോഗികളെ പരിചയപ്പെട്ട രീതിവിധാനങ്ങളും വച്ച് നിങ്ങളുടെ ഓർമ്മകൾ കൃത്യതയോടെ പോകുമെങ്കിൽ ഏതോ രോഗങ്ങൾക്ക് ആശുപത്രിയിലെത്തി കൃത്യമായി കഴിച്ച മരുന്നു കൊണ്ട രോഗം മാറാതിരിക്കുകയും രോഗനില വഷളാവുകയും ചെയ്യുമ്പോൾ നല്ലൊരു ശതമാനം രോഗികൾ നിലവിൽ കണ്ടെത്തിയ രോഗമല്ലാത്ത വളരെ അപകടകരമായ രോഗം എനിക്കുണ്ട് എന്ന സങ്കല്പത്തിലെത്താറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ില്ല എന്നാണ് വിദ്യാഭ്യാസമുള്ളവൻ പറയേണ്ടത് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് നിങ്ങൾ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ടും ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് മാത്രം പറയുക നിങ്ങളോ ഞാനോ ഒരു രോഗത്തിന് ചെന്നു മരുന്ന് കഴിച്ചു ആ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഇത് മാറുകില്ലെന്നും എന്റെ രോഗം നിസാരമല്ലെന്നും ആലസ്യവും കർമ്മവിമുഖതയും ഉത്തരവാദിത്ത രാഹിത്യവും ജീവിത പശ്ചാത്തലത്തിൽ എൻ്റെ ജീവിതം വെച്ച് ഇത്രയൊന്നും എനിക്ക് വന്നാൽ പോരാ ഇതിനേക്കാൾ വലുത് വേണമെന്നുള്ള ആഗ്രഹവും ആധുനിക വിദ്യാഭ്യാസമുള്ള എല്ലാ മനുഷ്യനും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ചേട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് സമാനായിട്ടില്ല കാരണം ചേട്ടത്തിറിയാൻ ചേട്ടത്തിന്റെ ജീവിതം ചെയ്തു വെച്ചിടത്തോളം പ്രശ്നങ്ങൾ കാരണം ഇതൊന്നും വന്നാ പോരാ ചേട്ടറിയാം അപ്പൊ ഞാൻ പറഞ്ഞ ശരിയാണെന്നാണ് താൻ പറയുന്നത് ഞാൻ ശരിയല്ലെന്ന് പറയുന്ന ഏതെങ്കിലും ഉദാഹരണ ഞാൻ ആലോചിക്കുന്നത് പോരെണ്ണം ഏത് ആരാണ് കുട്ടികൾ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അടുത്തത് ആരാണ് കുട്ടികൾ ജനിതകം എന്നുള്ള ഒരെണ്ണം അതിനെ അവലംബിച്ച് ബയോക്ലോക്ക് വഴി നിങ്ങൾ പ്രായം നിശ്ചയിക്കുന്നുവോ നിങ്ങൾ ജനിച്ചതിന് ശേഷം ജനിച്ച് വളരുന്നതായുള്ള പ്രായം കണക്കാക്കുന്നു ചോദ്യം മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു നിങ്ങളെക്കാൾ പ്രായം കുറവാണ് കുഞ്ഞിനെ എന്നുള്ള സാർവലൗകികമായ കണക്കിൽ പറയുമ്പോൾ നിങ്ങളുടെ അപ്പുപ്പൻ്റെ നൂറ് ജന്മങ്ങളുടെ ജനിതകം ഉൾക്കൊണ്ടുകൊണ്ട് വന്നിരിക്കുന്ന കുഞ്ഞിൻ്റെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുഞ്ഞിൻ്റെ പ്രായത്തെ കണക്കാക്കി പറയുന്നുവെങ്കിൽ നമ്മൾ രണ്ട് ദിശയിലെ ചരിത്രമാ പറയുന്നു രണ്ടാമത്തത് ശാസ്ത്ര സമ്മതവും ജനിതക പ്രായം ശാസ്ത്രസമ്മതമാണ് നിങ്ങളുടെ പ്രായത്തേക്കാൾ കുറവാണെന്നത് നിങ്ങളുടെ ഒരു സങ്കല്പവും ആഗ്രഹവും പ്രതിബദ്ധതയുമാണ് രോഗമുണ്ടാകാൻ വ്യക്തമായി സ്മൃതിയിലേക്ക് വരണമെങ്കിൽ രോഗമുണ്ടാകാൻ ആ കോശത്തിന് സ്മൃതി ഇണ്ടായാൽ കോശത്തിന് സ്മൃതിയില്ലെന്ന് തെളിയിക്കാൻ അങ്ങനെയാണ് മാത്രവുമല്ല കോശകോശാന്തര സ്മൃതിയിൽ നിന്നാണല്ലോ നിങ്ങൾ പലതും തിരിച്ചറിയുന്നത് അല്ലാതെ എങ്ങനെയാണ് ഒരു പശുക്കുട്ടി അതിൻ്റെ തള്ളയുടെ മുല കുടിക്കുന്നത് അല്ലാതെ എങ്ങനെയാണ് ഒരു ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരുത്തൻ ഒരു കേൾവികൊണ്ട് രാഗം ആരംഭിക്കുന്നത് നിങ്ങൾ വിഷമിക്കും ഞാൻ വിഷമിക്കില്ല ഒരു വിഷയം മാറിപ്പോണോ ഉണ്ടല്ലോ ആ ജനിതക സ്മൃതിയിലേക്കാണ് ഈ വിദ്യാഭ്യാസം ചെല്ലുന്നത് അതിന് മുഖ്യ കാരണം നിങ്ങൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് നിയന്ത്രണങ്ങൾക്കല്ല ഇന്നലെ ഒരു കരണവർ വീട്ടിലുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ അയാൾ ബദ്ധനായിരിക്കുകയും ആ നിയന്ത്രണത്തിലൂടെ അയാൾ മക്കൾക്ക് ജീവിതത്തിന്റെ നന്മ കാണിച്ചു കൊടുക്കുകയും മക്കൾ നിയന്ത്രണത്തിലൂടെ വളരുകയും ചെയ്യുന്നതായിരുന്നു ഒരു അൻപത് വർഷത്തിന് കുടുംബജീവിതത്തിൽ നാം കണ്ടുപോകുന്നത് ശരിയല്ല അവിടെ അരുതാത്തവയുടെയും ആവാമെന്നവയുടെയും കൃത്യമായ രേഖകളുണ്ട് അതാണ് അന്ന് വിദ്യാഭ്യാസം അന്നൊരു സന്യാസിയെ പരിചയപ്പെട്ടാൽ അയാൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്ന് വ്യക്തമായ ഒരു രേഖ അയാൾക്കുണ്ട് ഇന്ന് നിങ്ങൾ സങ്കല്പിക്കുന്ന ഒരു സന്യാസി ഒരു ഗൃഹസ്ഥൻ ഒരു ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തും കാണിക്കാൻ സ്വാതന്ത്ര്യമുള്ളവ ഒരു നിയന്ത്രണവും ശരിയാണോ പറഞ്ഞത് ശരിയാണോ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ആധുനികമായ ചുറ്റുപാടിലെ ആധുനിക സംസ്കൃതി കേൾക്കുന്നതെല്ലാം വിഴിഞ്ഞു ജീവിക്കുന്ന സംസ്കൃതിയാണ് കാണുന്നതെല്ലാം തിന്നു ജീവിക്കുന്ന സംസ്കൃതിയാണ് അതുകൊണ്ടാണ് പദാർത്ഥ വിജ്ഞാനവും ഈ പഠനത്തിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചത് അങ്ങനെ ഒരു സംസ്കൃതിയെ ചുറ്റിപ്പറ്റി നിങ്ങൾ പോകുമ്പോൾ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമായി വരുന്ന ഒട്ടേറെ ആഹാരങ്ങൾ ക്രമബദ്ധമല്ലാതെ നിങ്ങൾ സ്വീകരിക്കും അതിൻ്റെ ഫലമായി നിങ്ങളിൽ ഒരു ചെറിയ വേദന വന്നാൽ ഒരു രോഗം വന്നാൽ നിങ്ങളൊരു വിഷഖവരനെ കാണുമ്പോൾ വിഷഖവരൻ ഇന്നതേ ഉള്ളൂ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ നേരത്തെ സങ്കല്പിച്ചിരിക്കുന്നത് വലിയ പേര് പറയുന്നത് വരെയും അത് ഉണ്ടാക്കുന്നതുവരെയും നിങ്ങളുടെ പ്രോട്ടോപ്ലാസം വെറുതെ ഇരിക്കില്ല എന്നാണ് ഞാൻ സ്പഷ്ടമായി പറഞ്ഞത് ഉത്കണ്ഠ എന്ന പദം അറിയാൻ വയ്യാത്ത കൊണ്ട് വരുന്നതാണ് എനിക്കിന്നതാണ് എന്ന് തീരുമാനിച്ചാണ് രോഗി ചെല്ലുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒരു കാരണമല്ല അങ്ങനെ എങ്കിലും ഇവളെ ഞാൻ ചോപ്പിക്കും ഇവനെ ഞാൻ ചോപ്പിക്കും അങ്ങനെ എങ്കിലും എനിക്ക് കിട്ടാത്ത സ്നേഹം ഞാൻ വാങ്ങും അങ്ങനെ എങ്കിലും എന്നോട് ഈ അനുകൂലിച്ച് ഞാൻ വിളു ഇങ്ങനെ പല ദിശകളും മനസ്സിലായില്ല അതൊക്കെ പറഞ്ഞപ്പോ മത്സരം അല്പം ഒബ്ജെക്ഷൻ റേസ് ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഏ ഇങ്ങനെ പല നിലകളിൽ ഒന്നല്ല അനേക കാരണങ്ങളാണ് അതിന് കാരണമോ നിങ്ങളുടെ ഇന്നത്തെ കുടുംബജീവിതം കുടുംബ പാരസ്പര്യങ്ങളോടുകൂടി അതല്ല ഒറ്റയടിക്കാതെ അതുകൊണ്ട് വിഷമം ഉണ്ടാകുന്നുണ്ട് ഇന്നലെ പാരസ്പര്യത്തിന്റെ തൃപ്തിയുണ്ട് ഒരു സ്ത്രീ എഴുന്നേറ്റൊരു കഥകടയ്ക്കാൻ പോയാൽ അടുത്ത സ്ത്രീ ഞാൻ അടക്കാം നീ അത് എന്ന് പറയുന്ന ഒരു സ്നേഹം പരസ്പരമുണ്ട് നാലഞ്ച് സ്ത്രീകൾ ഒരുമിച്ച് ഒരു വീട്ടിൽ പണിയെടുക്കുമ്പോഴും അവിടുത്തെ പുരുഷന്മാർ ഒരു ഉപ്പേരി വളർക്കാനോ ഒരു പായസം ഉണ്ടാക്കാനോ തേങ്ങ കൂടുതൽ തിരുങ്ങി പാലെടുക്കാനോ ഒക്കെ വേണ്ടിവരുന്ന കൂടുതൽ ആൾ വരുന്ന സമയങ്ങളിൽ അടുക്കളയിൽ ആരൊരു മറിയാതെ കടന്നിയെന്ന് ആ പണി മുഴുവൻ ചെയ്ത് മുഴുവൻ സ്ത്രീയാണ് ചെയ്തത് എന്ന് തോന്നിപ്പിച്ച് അപ്പുറത്തൂടെ പറമ്പിലെ പശുവിനെ അഴിച്ചു കെട്ടി മുമ്പിൽ വന്നിരുന്ന് വർത്തമാനം പറയുമായിരുന്നു ഞാനീ പറയുന്നതൊക്കെ ഒരു അതിശയോക്തിയാണ് ഏ തലൊരുക്കുന്നത് അങ്ങനെ അല്ലെന്നുള്ള ഏ ശരിയാണ് ും പണിയെടുക്കുന്നു അയാൾ തന്നെ പണിയെടുത്താൽ മതിയെന്ന് പറയുന്ന ഒരു സങ്കേതമാണ് പ്രസ്ഥാനങ്ങളിൽ കുടുംബങ്ങളിൽ വീടുകളിൽ എല്ലാം ഒരർത്ഥത്തിൽ സമഗ്രമായി അതിനെ യോജിപ്പിക്കുവാൻ ചെയ്യുന്ന വ്യക്തി ആരോഗ്യപൂർണവും വിട്ടുനിൽക്കുന്നവൻ ആ കുടുംബത്തിനൊരു അർബുദവുമായി മാറുന്നുണ്ട് അതിനോട് മണ്ണടിച്ച് സ്വന്തം കോശം അർബുദമായി മാറുന്നതും ഒരു കാരണമാണ് മനസ്സിലായില്ല ഒരു കുടുംബത്തിൽ സമഗ്രമായ യോജിപ്പിന് പോകുന്നവൻ അധ്വാനിക്കുമ്പോൾ അതിന് ഉപദ്രവകരമായ മറ്റൊരു വ്യക്തി ആ കുടുംബം എന്ന അതിലൊരു അർബുദമാണ് ആ അർബുദത്തെ സ്നേഹിക്കുകയും അതിനെ തള്ളിക്കളയാതിരിക്കുകയും ചെയ്ത് അതിൻ്റെ അധ്വാനവും കൂടി ഏറ്റുവാങ്ങുമ്പോൾ ആ ഓർമ്മകൾ കോശത്തിൽ പാവതലങ്ങൾ